കർമ്മജ്ഞാനത്തിന് ശേഷം പൂർവകണ്ഡത്തിൻ്റെ ജ്ഞാനത്തിന് ശേഷമാണ് ധർമ്മജിജ്ഞാസ എന്നാണ് അപ്പോൾ അതിനു പറയുന്നു അതിൻ്റെ ആവശ്യമില്ല കാരണം കർമ്മം ചെയ്തിട്ടില്ലെങ്കിലും പദപദാർത്ഥ സംബന്ധം ശബ്ദന്യായ പൂർവാപര ചിന്ത ആകാംക്ഷാദികളെ കുറിച്ചുള്ള അറിവ് ഇതൊക്കെയുള്ള ഒരാളിന് വാക്യാർത്ഥ ഞാനും ഉണ്ടാവും അത് പൂർവകാണ്ടത്തായാലും ഉത്തരകണ്ഡത്തിനായാലും വാക്യാർത്ഥം ഞാനും ഉണ്ടാകുന്നതിന് ശബ്ദന്യായ തത്വങ്ങൾ അറിഞ്ഞാവും അത് കർമ്മത്തിൻ്റെ അപേക്ഷയില്ല ഇത് സിദ്ധാന്തി അംഗീകരിക്കുന്ന കാര്യമാണ് പൊറോക്ഷി അംഗീകരിക്കുന്ന കാര്യമാണ് അങ്ങനെ ശബ്ദന്യായ തത്വങ്ങളെ കൊണ്ട് വാക്യത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ ബഹുമതികാരം പറയാം അത് പരോക്ഷജ്ഞാനമാണെന്ന് പറയും വ്യത്യാസമാണ് അപ്പോൾ അതിന് കർമ്മജ്ഞാനം വേണമെന്ന് പറയാൻ പാടില്ല കാരണം ഉണ്ടെങ്കിലേ വാക്യാർത്ഥം ഞാനും ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യോന്യാശ്രയ ദോഷം വരും ആദ്യം വാക്യാർത്ഥം ഞാനും ഉണ്ടാകാതെ അനുഷ്ഠാന സാധ്യമല്ല കർമാനുഷ്ഠാന സാധ്യമല്ലാതെ പിന്നെ കർമാനുഷ്ഠാനം കൂടാതെ വാക്യാർത്ഥാനും സാധ്യമല്ലാതെ ഇങ്ങനെ അന്യോന്യാശ്ര ദോഷം വരും പൂർവക്ഷറുന്നത് തത്വമസീന്നൂർ എന്ന വാക്യത്തിൽ നിന്ന് ഏകത്വം ജ്ഞാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അന്ധക്കണ്ണുശുദ്ധിയുണ്ടെങ്കിലേ സംഭവിക്കും അത് ശ്രദ്ധാന്തി സംഭവിക്കും അന്ധക്കണ്ണുശുദ്ധി എങ്ങനെ ഉണ്ടാവും എന്നാൽ തോദാനങ്ങളുമുണ്ട് അപ്പം അവിടെ ചോദിക്കുകയാണ് ചേത്തിമിദാനിയും പ്രമാണ കാരണം യോഗ്യതാ അവധാരണം അപ്രമാണ കർമ്മണോ ഭക്തോ അധിവ്യസിന് പരമാത്മേകത്വ യോഗ്യത അതൊരു ജ്ഞാനമാണ് യോഗ്യതാ ജ്ഞാന കർമ്മം കൊണ്ടെന്ന് വരാൻ പറ്റും കാരണം ജ്ഞാനം പ്രമാണത്തിൽ നിന്നേ ഉണ്ടാവും കർമ്മം പ്രമാണമല്ല അതാണ് ചോദിക്കുന്നത് പ്രത്യക്ഷതിരിതമ്പ കർമാവിപ്രമാണം പ്രത്യക്ഷാതി പ്രമാണങ്ങളിൽ നിന്ന് വേറിട്ട് കർമ്മത്തെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത് ജീവാത്മ പരമാത്മ ഏകത്വ യോഗ്യത അതിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നതിന് കർമ്മത്തെ സ്വീകരിക്കാൻ പറ്റില്ല കാരണം കർമ്മം പ്രമാണം യോഗ്യതാ നിശ്ചയം പ്രമേയമാണ് പ്രമാണത്തിൽ നിന്നേ പ്രമേയം ഉണ്ടാകത്തുള്ളൂ യോഗ്യതാവധാരണ കൃതം കർമ്മാന്തത്തിന് ഉപനിഷത്തുകൾക്ക് വിരുദ്ധമല്ലാത്ത ഉപനിഷത്തിനെ ആശ്രയിച്ചുള്ള യുക്തി ആ യുക്തിയിലൂടെയാണ് തീരുമാനിക്കേണ്ടത് തത്വമസിന്റെ ഏകത്വം വിവാത്മപരമാകത്വാണ് അതിന് അടിസ്ഥാനം തത്ത് മസീദ് തുടങ്ങിയ വാക്യങ്ങളാണ് അവിടെ ആ വാക്യങ്ങളെ പിന്തുടർന്നു വരുന്ന യുക്തിയും വേണം അപ്പം യോഗ്യത അവധാരണം ജീവാത്മപരമാത്മയകത്വ യോഗ്യതയെ നിശ്ചയിക്കുന്നത് എന്താണ് ശ്രുതിയും അല്ലാതെ കർമ്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് നിശ്ചയമുണ്ടാകത്തില്ല കർമ്മം പ്രമാണമല്ലാത്തതുകൊണ്ട് പൂർവക്ഷ പറയുന്ന എന്താണ് കർമ്മം കൊണ്ട് നിശ്ചയം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ കർമാനുഷ്ഠാനം കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകുന്നു ചിത്തശുദ്ധി കൊണ്ട് യോഗ്യതാ നിശ്ചയം ഉണ്ടാകുന്നു ചിത്തശുദ്ധി കൊണ്ട് യോഗ്യതാ നിശ്ചയം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് സിദ്ധാന്തി അംഗീകരിക്കുന്നു പക്ഷേ അതിത്രേയുള്ളൂ ആ ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം അവിടെ ജ്ഞാനകർമ്മ സമുച്ചയം വരാൻ പാടില്ല കർമാനുഷ്ഠിച്ച് പിന്നെ ചിത്തശുദ്ധി പിന്നെ ഞാന് അങ്ങനെ പക്ഷേ ശ്രോണാദികളുടെ സമയത്ത് കർമാനുഷ്ഠാനത്തിൻ്റെ ആവശ്യമുണ്ട് ശ്രദ്ധാന്തി പറയുന്നത് ബാക്കിയെല്ലാം രണ്ടു കൂട്ടർക്ക് സമ്മതമാണ് ജീവാത്മ പരമാത്മയത്വ യോഗ്യ യോഗ്യത നിശ്ചയിക്കണമെങ്കിൽ ആ നിശ്ചയിക്കുന്നതാണ് ചിത്തശുദ്ധികൾ ചിത്തശുദ്ധി വേണമെങ്കിൽ അയാൾ മുമ്പ് കർമ്മം ചെയ്തിരിക്കണം യജ്ഞദാന തപസ്സുകളല്ല അത് രണ്ടുകൂട്ടർക്ക് സമ്മതമാണ് പിന്നെ ശ്രവണാദി അനുഷ്ഠിക്കുമ്പം തന്നെ യജ്ഞദാന തപസ്സുകൾ എന്ന് പറയുന്നതാണ് ഇവിടെ സ്വീകരിക്കാത്തത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ സന്യാസം ആവശ്യമില്ലാതെ വരും സന്യാസമെന്ന് പറയുമ്പോൾ നിത്യ നൈമിത്യവും കാമ്യ നിമി നിമിത്തം നിത്യ നൈമിത്യ കാമ്യ നിമിത്തം നാല് തരത്തിലുള്ള കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു ഇപ്പം ഇന്നത്തെ അനത്ത ബസ്സുകളെല്ലാം നിത്യകർമ്മങ്ങളിപ്പെടുന്നതാണ് സന്യാസത്തിൽ അതും ഉപേക്ഷിക്കേണ്ടി വരും അപ്പോൾ ശ്രവണാദി അനുഷ്ഠിക്കുമ്പോൾ ശ്രവണ മനനീത്യാഹാസനം അനുഷ്ഠിക്കുമ്പോൾ നിത്യകർമ്മങ്ങളും അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാന്തിക്ക സമ്മതമുണ്ട് പൂരോക്ഷിക്ക സമ്മതം തപസ്സെന്ന് പറയുന്നത് ഇതിനോടൊപ്പം വരും എന്താണ് മിതമായി ഭക്ഷണം കഴിക്കുക തുടങ്ങിയ അതാണ് തപസ്സെന്ന് പറയും ബ്രാഹ്മണ വിധിസന്ധി യജ്ഞ തപാസ അനാശകേന എന്ന് പറഞ്ഞാൽ മിതമായ ഭക്ഷണം കഴിക്കുക പോലെയുള്ള കാര്യങ്ങൾ അതാണ് തോസ് ഖചും ചാന്ദ്രായണവും തപസായിട്ട് കൂട്ടത്തില്ല പിന്നെ കുളിക്കുക ആ ശുചിത്വം തപസ് അതൊക്കെ എന്റെ കൂട്ടത്തിൽ വരും ാണ് വേദാന്ത അവിരുദ്ധ തന്മൂഢ ന്യായ ബദേനതു യോഗ്യത അവധാരണേ കൃതം കർമ്മീന്ന് കർമ്മഭീ കൃതം കർമ്മഭീ പ്രയോജനം നാസ്തി കർമ്മത്തെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല കർമ്മം വേണമെങ്കിൽ നേരത്തെ ചെയ്യാം ചെയ്ത് ചിത്തശുദ്ധി ഉണ്ടാക്കിയിട്ട് ചിത്തശുദ്ധി വന്നതിന് ശേഷം പിന്നീട് കർമ്മത്തിന്റെ ആവശ്യമില്ല അവിടെ ശ്രവണം തുടങ്ങിയവ ചെയ്താൽ മതിയെന്നാണ് സിദ്ധാന്തി പറയുന്നത് ഇതൊന്നും മുമ്പോട്ട് വരുന്ന സിദ്ധാന്തി നിഷേധിക്കില്ല എന്നാണ് അപ്രതിഷിദ്ധം പരമതം അനുമതം ഭവതി അപ്രതിഷിദ്ധം പരമതം അനുമതം ഭവതി പൂർവക്ഷി ഒരു ആശയം പറയുമ്പോ അതാണ് അത് അപ്രതിഷിദ്ധം നിഷേധിച്ചിട്ടില്ലെങ്കിൽ പരമതം അത് അനുമതമാണ് സിദ്ധാന്തിക്ക് സമ്മതമാണ് അപ്പോൾ യജ്ഞദാന തവസ്സുകളെ കൊണ്ട് ചിത്തശുദ്ധിയുണ്ടാവും ചിത്തശുദ്ധിയുണ്ടായിക്കഴിഞ്ഞാൽ ശ്രവണാദികൾ ചെയ്യണം ഇതെല്ലാം സിദ്ധാന്തിക സമ്മതമാണ് അതുകൊണ്ട് ഇതിനെന്ത സിദ്ധാന്തി എതിർക്കുന്നത് മാത്രമാണ് ഈ പരിണത്തി എതിർക്കുന്നത് ബാക്കിയെല്ലാം സിദ്ധാന്തിക സമ്മതമാണ് അതുകൊണ്ട് എന്താണ് ശ്രുതി ശ്രവണം യുക്തി അതാണ് വേദാന്ത അവിരുദ്ധ വേദാന്തത്തോട് വിരുദ്ധ വേദാന്ത മനുഷ്യനോട് വിരുദ്ധമല്ലാത്ത തന്മൂലാന്ത വേദാന്തത്തെ ആശ്രയിച്ച വ്യക്തി തത്വമസ്യെന്ന് പറയുന്ന ജീവാത്മ പരമാത്മ ഏകത്വത്തെ സമർത്ഥിക്കാനുള്ള വ്യക്തിയാണ് നിഷേധിക്കാനുള്ള വ്യക്തി അതുകൊണ്ട് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് അതിനുള്ള യോഗ്യതയുണ്ട് എന്ന് നിശ്ചയിക്കാം തസ് തീയാമയ പരമാത്മഭാവം ഗൃഹീത്ത വ്യവസ്ഥപയ തധാന അതുകൊണ്ടൂടെ എന്താ പറയുന്നത് അതുകൊണ്ട് തത്വമസി തത്വമസി ഇത്യാദിയുടെ തത്വമസി തുടങ്ങിയ വാക്യങ്ങളുടെ ശ്രുതമയമായ ജ്ഞാനം എന്നുവെച്ചാൽ ശ്രവണജന്യമായ ഞാൻ ഈ വാക്യങ്ങൾ ശ്രവിച്ചുണ്ടാകുന്ന ഞാൻ അതാണ് ശ്രുതമയജ്ഞാൻ വാക്യങ്ങൾ ശ്രവിച്ചുണ്ടാകുന്ന ഞാൻ ആ ജ്ഞാനം കൊണ്ട് ജീവാത്മന പരമാത്മഭാവം ഗ്രഹീത്ത അതുകൊണ്ട് ജീവാത്മാവ് പരമാത്മാവാണെന്നുള്ളത് ജീവാത്മ പരമാത്മ ഏകത്വം അതാണ് ജീവാത്മ പരമാത്മഭാവം ജീവാത്മാവ് പരമാത്മാവ് തന്നെ എന്ന് ഗ്രഹിച്ചിട്ട് തന്മൂലയാ ഉപത്തിച്ച വ്യക്തി തന്മൂല എന്ന് വെച്ച തത്വമസ്യാദിശ്രുതി ആശ്രയിച്ചുള്ള വ്യക്തി സി എന്ത്യുന്നു അതിനെ ആശ്രയിച്ചുള്ള വ്യക്തി തത്വമസി പറയുന്നു ജീവാത്മ പരമാത്മ ഏകത്വമാണ് അതിനെ ആശ്രയിക്കുന്ന വ്യക്തിയാണ് തന്മൂലയാ ചാണ് വ്യവസ്ഥാപ്യ ജീവാത്മാവിന്റെ പരമാത്മഭാവത്തെ ഉറപ്പിച്ചിട്ട് ജീവാത്മ പരമാത്മ ഏകത്വത്തെ ഉറപ്പിച്ചിട്ട് അപ്പം ആദ്യ ശ്രവണത്തിലൂടെ ഞാനും ഉണ്ടാകുന്നു യുക്തിയിലൂടെ എന്ത് ഞാനും ഉണ്ടാകുന്നു ജീവാത്മ പരമാത്മ ഏകത്വം അതിനെ യുക്തിയിലൂടെ ഉറപ്പിച്ചിട്ട് തത് ഉപാസനായാം ഭാവനഅിധാനായ പിന്നെ ധ്യാനം അതിനാണ് എന്ന് പറഞ്ഞ കൂടെ ധ്യാനവും ജീവാത്മ ധ്യാനം അതാണ് ഉപാസന അതിനാണ് ഇവിടെ പറയുന്നത് ഭാവന അപരഭിധാനായ ഭാവന എന്ന അപരാഭിധാനം ഭാവന എന്ന അപരനാമം ഉള്ളതായ ഏത് ഉപാസനക്ക് കാരണം ഉപാസനക്ക് പല അർത്ഥങ്ങളും ഉണ്ട് ഇവിടെ ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവന എന്നറിയാം എന്നുവെച്ചാൽ നിധ്യാസം അതിനാണ് ഇവിടെ ഉപാസന അപ്പോൾ ഉപാസനയുടെ അപരാഭിധാനമാണ് മറ്റൊരു പേരാണ് അഭിദാനം എന്ന് വെച്ച ഭാവന അപ്പൊ ഇതിന ഉപാസനയാ അല്ലെങ്കിൽ ഭാവന അല്ലെങ്കിൽ നിത്യാസനത്തെ എന്ത് ചെയ്യണം ദീർഘകാല നൈരന്തര്യവത്യാം അത് ദീർഘകാലവും ഭാവന നിരന്തരമായിരുന്നു ദീർഘകാല നിരന്തരാനുഷ്ഠിക്കും ദീർഘകാല നൈരന്തര്യവത്യം ദീർഘകാല നൈരന്തര്യവത്തിയാണ് ഈ ഭാവന ദീർഘകാല ഭാവന നിരന്തര ഭാവന എന്നുള്ളത് അത് ബ്രഹ്മസാക്ഷാത്കാരഫലായം അതാണ് ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്ന ഫലത്തെ ഉണ്ടാക്കുന്നു ഇതിൽ യജ്ഞാദീന ഉപയോഗ ഇവയിൽ യജ്ഞാദികൾക്ക് ഉപയോഗമുണ്ടെന്ന് ഈ പറഞ്ഞ പൂർവക്ഷമാണെങ്കിൽ ഇതെല്ലാം സിദ്ധാന്തിക്ക് സമ്മതമാണ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അവിടെ പൂർവപക്ഷത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത് എന്താണോ തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിക്കണം ആശ്രമത്തിലൂടെ ജീവാത്മപരമാത്മ ഏകത്വ്ഞാനം ഉണ്ടാകണം ജീവാത്മപരമാത്മ ഏകത്വ്ഞാനം ഉണ്ടാകണം അത് ഉണ്ടായിട്ട് എന്ത് ഈ ശ്രുതി ശ്രുതി ഈ അനുസരിച്ചുള്ള യുക്തി യുക്തിയിലൂടെ അതിനെ ഉറപ്പിക്കണം വ്യവസ്ഥാപനം ചെയ്യണം അത് കഴിഞ്ഞ് ഭാവന ചെയ്യണം അപ്പം ശ്രവണം ആദ്യം പറഞ്ഞ് ശ്രവണമായി ശ്രുതമേഹന ജ്ഞാനം എന്ന് പറയുമ്പോൾ ശ്രമം ശ്രവണമായി തന്മൂലയാച്ച ഉപഭോക്തൃ വ്യവസ്ഥാപ്യം പറയുമ്പം മനനമായി തതുപാസന എന്ന് പറയുമ്പോൾ പറയാൻ പോകുന്ന ആ നിധ്യാസനം എങ്ങനെ വേണം യോഗസൂത്ര പറഞ്ഞിരിക്കുന്നതിന് ദീർഘകാലവും നിരന്തരവുമായിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാര ഫലം ഇതിന്റെ ഫലമാണെന്ത ബ്രഹ്മസാക്ഷാത്കാരമെന്ന് ജ്ഞാനം ഇതിനെക്കുറിച്ച് വിഭാഗികാരം മുമ്പോട്ടു വളരെ വിശദീകരിക്കും അതിൽ എന്താണ് യജ്ഞാധീന ഉപയോഗം യജ്ഞാധീന ഉപയോഗം എന്ന് പറയുന്നിടത്താണ് രണ്ട് പൂർവക്ഷ സിദ്ധാന്തം വ്യത്യാസം ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ പൂർവോക്ഷം പറഞ്ഞാൽ സമ സമുച്ചയമാണ് സിദ്ധാന് പറയുന്നു ക്രമ സമുച്ചയമാണ് അപ്പം ക്രമ സമുച്ചയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാം എന്ന് പറഞ്ഞാൽ ആ ഭാഗം പൂർവോക്ഷമാവും അവിടെയാണ് പറയുന്നത് എന്താണ് ബാക്കിയുള്ള ഭാഗങ്ങൾ അതുവരെ പറഞ്ഞ ഭാഗങ്ങളെല്ലാം ഇവിടെ നിഷേധിക്കുന്നില്ല അപ്രതിഷിദ്ധം പരമതം ാണ് സിദ്ധാന്തിക്ക് സമ്മതമാണ് ഈ യജ്ഞാധീന ഉപയോഗ പറയുന്ന ഭാഗത്താണ് സമസമുച്ചയത്തെ നിഷേധിക്കുക ബാക്കിയെല്ലാം രണ്ടു കൂട്ടർക്ക് സമ്മതമാണ് അതുകൊണ്ടിത് പൂർവോക്ഷമാണ് സിദ്ധാന്തമാണ് യഥാഹു ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു യോഗസൂത്രത്തിൽ സത് ദീർഘകാല നൈരന്തര്യ സത്കാല ആശയുതോ ആ ദൃഢൂമി എങ്ങനെയാണെന്ന് ദൃഢഭൂമി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഭാവന കൊണ്ട് ഉണ്ടാകുന്ന ചിത്തത്തിന്റെ അവസ്ഥയാണ് ദൃഢഭൂമി എന്നുപറഞ്ഞാൽ മറ്റ് വികല്പങ്ങൾക്ക് കീഴ്പ്പെടാത്ത അവസ്ഥ അതാണ് ദൃഢഭൂമി സമാധി അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിത്തം സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്നതിനാണ് വിധാനം എന്ന് പറയുന്നത് ആ വിധാനം വന്നു സമാധിയെ നശിപ്പിക്കാത്ത സമാധിയുടെ അവസ്ഥ അതാണ് ദൃഢഭോ സമാധിക്ക് ഭംഗം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിധാനം ഉണ്ടാകും എന്ന് വെച്ചാൽ സമാധിയിൽ നിന്നും ജാഗ്രതയിലേക്ക് വരിക അതാണ് വിദ്വാനം അപ്പോൾ അത് വരാതിരിക്കാൻ കഴിയുക സമാധിയിൽ തന്നെ ഇരിക്കാൻ കഴിഞ്ഞാൽ അത് ദൃഢഭൂമി ആ ദൃഢഭൂമി എങ്ങനെയുള്ളതാണോ അത് ചിത്തവൃത്തി നിരോധം കൊണ്ട് സംഭവിക്കുന്നത് അതുകൊണ്ട് ആ ചിത്തവൃത്തി നിരോധം സാ എന്ന് പറയുമ്പോൾ ചിത്തവൃത്തി നിരോധം ദീർഘകാലം ചെയ്തു കഴിഞ്ഞാൽ ദീർഘകാലം ചെയ്യണം അനുഷ്ഠിക്കണം പിന്നെ നൈലന്തര്യം നിരന്തരമായി ചെയ്യണം പിന്നെ സത്കാരം എന്നാണ് സത്കാര പൂർവം അത് ചെയ്യണം ആസേവിത സത്കാരൂർവത്തെ അത് ശരിയായി അനുഷ്ഠിക്കണം സത്കാരത്തോടുകൂടി ശരിയായി കഴിഞ്ഞാൽ എന്താ ദൃഢഭൂമിയോ ചിത്രം സമാധി അവസ്ഥയെ പ്രാപിക്കും ഇത് യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കാൻ അപ്പോ ഇവിടെ എന്തു വരുന്നു ഇവിടെ സാക്ഷാത്കാരം ഉണ്ടാകും ബ്രഹ്മത്തേക്കിന് നിരന്തരം കഴിഞ്ഞ അതിന്റെ സത്കാരം എന്താണ് ബ്രഹ്മചര്യ തപ ശ്രദ്ധ യജ്ഞാദേശ ഇവിടെയാണ് പൂർവക്ഷി പറയുന്നത് സത്കാരം എന്നു പറഞ്ഞാൽ ബ്രഹ്മചര്യം തപസ് ശ്രദ്ധ യജ്ഞം തുടങ്ങിയ കാര്യങ്ങൾ ഇതാകൂലത്തെ സത്കാർ എന്നു പറഞ്ഞാൽ ഈ അനുഷ്ഠാനം ചെയ്യുമ്പോൾ ഭാവന ശ്രോണം മനനം ഭാവന നിത്യാസനം ചെയ്യുമ്പോൾ പൂർവക്ഷ പറയുന്നത് അതിനോടൊപ്പം ബ്രഹ്മചര്യം തപസ് ശ്രദ്ധ യജ്ഞാദികളെല്ലാം ചെയ്യണമെന്നാണ് സത്കാര ആശയ സത്കാരത്തോടുകൂടി അത് സേവിക്കപ്പെടും എന്ത് ഭാവന അനുഷ്ഠിക്കപ്പെടണമെന്നർത്ഥം ഇതിലും സിദ്ധാന്തി യോജിക്കുന്നുണ്ട് പക്ഷെ ഇത് ഈ നിത്യാസനം ചെയ്യുന്ന സമയത്തല്ല യജ്ഞ സിദ്ധാന്തി പറയുന്നത് ബ്രഹ്മചര്യും തപസ് ശ്രദ്ധ അതായത് ജ്ഞാദികളൊക്കെ ചെയ്യേണ്ടത് നിത്യാസന സമയത്ത് എന്നും ചെയ്യണം പിന്നെ നിത്യാസന സമയത്ത് ബ്രഹ്മചര്യം പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയെല്ലാം വേണം അത് വേണം പക്ഷേ ജ്ഞാദികളൊന്നും വേണ്ട കർമ്മങ്ങളൊന്നും വേണ്ട പക്ഷെ ബ്രഹ്മചര്യവും മറ്റും പാലിക്കണം അത് സിദ്ധാന്തിക്ക് സമ്മതമാണ് മറ്റു കർമ്മങ്ങളൊന്നും ആവശ്യമില്ല അപ്പോ സത്കാരം എന്ന് പറയുന്നതിൽ യജ്ഞാദികളെ ഉൾപ്പെടുത്തുമ്പോൾ അത് ശ്രദ്ധാന്തി പറയും അത് സമസമുച്ചയമല്ല ക്രമസമുച്ചയാണ് യജ്ഞാദികളെ ഉൾപ്പെടുത്തുമ്പോൾ പൂർവോക്ഷ പറയും സമസമുച്ചയമാണ് ഈ യജ്ഞാദികളുടെ കാര്യത്തിലെ തർക്കമുള്ളൂ ബ്രഹ്മചര്യവും ശ്രദ്ധയുമല്ല രണ്ടു കൂട്ടർക്കും സമ്മതമാണ് നിത്യാസനം ചെയ്യുന്ന സമയത്ത് കാരണം സന്യാസിയാണ് സന്യാസിയായതുകൊണ്ട് അവിടെ ബ്രഹ്മചര്യവും ശ്രദ്ധയും എല്ലാം ആവശ്യമാണ് അങ്ങനെയാണ് പറയുന്നത് അവിടെ അങ്ങനെ ബ്രഹ്മനിഷ്ഠെന്ന് പറയും ബ്രഹ്മചര്യാദികള് പാലിച്ചുകൊണ്ടിരിക്കുക തപസ്സെന്നു പറയുന്നേലും കുളിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല അത് കവിഞ്ഞ് കൃത്രിൻ ചാന്ദ്രായണമാണെങ്കിൽ അതൊന്നും അംഗീകരിക്കില്ല അതൊന്നും സിദ്ധാന്തി അംഗീകരിക്കില്ല പൊളിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല അപ്പോ ബ്രഹ്മചര്യാദികൾ സിദ്ധാന്തിക്ക് സമ്മതമാണ് ശ്രവണാദികാലത്ത് വ്യതിഹാസന സമയത്ത് പൂർവക്ഷിക്ക് സമ്മതമാണ് പക്ഷേ യജ്ഞാദികൾ സിദ്ധാന്തിക്ക് സമ്മതമല്ല പൂർവക്ഷിക്ക് സമ്മതമാണ് വേണമെങ്കിൽ മുമ്പ് ചെയ്തുകൊണ്ട് യുദ്ധാസന സമയത്തല്ല അതിനു മുമ്പ് അതാണ് സിദ്ധാന്തിയുടെ അഭിപ്രായം Thank you. സന സമയത്ത് എന്തൊക്കെ വേണമെന്നുള്ള സന്യാസി ആയതുകൊണ്ട് സിദ്ധാന്തി പറയുന്നത് എന്താണ് സന്യാസിയാണ് അതുകൊണ്ട് ബ്രഹ്മചര്യാദികളോട് കൂടി നീത്യാസനം ചെയ്യണം പൂറോക്ഷി പറയുന്ന എന്താണ് യജ്ഞാദികൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഗൃഹസ്ഥനാണ് മുച്ചയം വരും സമുച്ചയം വരുമ്പോൾ ഗൃഹസ്ഥനാണ് സന്യാസി എന്ന് പറയുമ്പോഴത്തേക്ക് യജ്ഞാദികൾ വേണ്ട അപ്പോൾ ചിത്തശുദ്ധി വന്നവനാണ് സന്യസിച്ചവനാണ് അവന് ശ്രവണാദികൾ മാത്രം തോന്നി ഭാവന നിത്യാസനം തോന്നി അപ്പോ നീത്യാസനം ചെയ്യുമ്പോൾ സന്യസിച്ചിട്ട് ചെയ്യുന്നു അപ്പം ഈ യജ്ഞദാന തപസ്സുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ ഇതാണ് രണ്ട് തമ്മിലെ വ്യത്യാസം പിന്നെ ബ്രഹ്മചര്യം ശ്രദ്ധ എന്നൊക്കെ പറയുന്ന സാമാന്യ ധർമ്മമാണ് ഇതെല്ലാവർക്കും വേണ്ടതാണ് അതുകൊണ്ട് സന്യാസിക്ക് അത് വേണ്ടതാണ് ഗ്രഹസ്ഥലം ചില നിയമങ്ങളോടുകൂടി ബ്രഹ്മചര്യം ആവശ്യമാണ് സന്യാസിയുടെ ബ്രഹ്മചര്യല്ലെങ്കിലും ഇവിടെയും പൂർവപക്ഷത്തെയും അതിന് സത്കാരം എന്താണെന്ന് പറഞ്ഞ് ശ്രദ്ധാദേശിച്ചു ആശയവിധം അനുഷ്ഠിക്കപ്പെടുന്ന കാര്യത്തിൽ ം ആത്മാവിനെ ധീരോവിജ്ഞായ ബുദ്ധിമാൻ അതിനെ അറിഞ്ഞിട്ട് എന്നുവെച്ചാൽ ശ്രവണ മനനങ്ങളിലൂടെ അതിനെ അറിഞ്ഞിട്ട് പ്രജ്ഞാം ഗുരുവീര എന്നുവെച്ചാൽ നിധ്യാസനം ചെയ്യേണ്ട ആര് ബ്രാഹ്മണൻ പുനിഷത്ത് തന്നെ പറയുന്നുണ്ട് പ്രജ്ഞാം ഗുരുവീരെന്നുവച്ചാ നിധ്യാസനം ചെയ്യുന്നവര് അപ്പൊ ബ്രാഹ്മണൻ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ സന്യാസി എന്ന് പറഞ്ഞിട്ടില്ല പൂർവ ഷി എന്താണ് നിത്യകർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണനാണ് ഇത് ചെയ്യേണ്ടതെന്നാണ് പൂർവക്ഷ പറയുന്നത് സിദ്ധാന്തി പറയുന്നത് എന്താണ് നിത്യകർമ്മങ്ങളും ഉപേക്ഷിച്ച സന്യാസിയാണ് ഇത് ചെയ്യേണ്ടതെന്നാണ് സന്യാസി എന്ന് പറയുന്നത് ബ്രാഹ്മണനായിരിക്കുമെന്നാണ് ശങ്കരാചാര്യ അഭിപ്രായം എല്ലാവർക്കും അഭിപ്രായം ഇല്ല അഭിപ്രായം എന്താണ് സന്യാസി ബ്രാഹ്മണം തന്നെ ആയിരിക്കും വേറെ ആർക്കും പറ്റത്തില്ലെന്നും പിന്നെ ഇതെങ്ങനെ ഉപകരിക്കുന്നു എന്നോട് എങ്ങനെയാണ് ഒരാൾക്ക് ഉപകരിക്കുന്നത് അത്രച്ചു വിജ്ഞായ തർക്ക ഉപകരണേന ശബ്ദേന പ്രജ്ഞാം ഭാവനാം കുറുവീതം വിജ്ഞായ പ്രജ്ഞാൻ കുർവീത എന്ന് പറഞ്ഞു വിജ്ഞായയുടെ അർത്ഥം പറയുന്നു തർക്ക ഉപകരണേന ശബ്ദേന തർക്കസഹായിട്ടുള്ള തർക്കം എന്ന് വെച്ചാൽ യുക്തി സഹായമായിട്ടുള്ള ശബ്ദം എന്ന് വെച്ചാൽ ശ്രവണം ഇപ്പം വിജ്ഞായ എന്ന് ആ മന്ത്രം ശ്രുതിയിലെ വിജ്ഞായക്ക് കൊണ്ട് ശ്രവണവും മനനും എടുക്കണം അതാണ് തർക്ക ഉപകരണേന തർക്കം എന്ന് വെച്ചാൽ മനനം അത് സഹായിയായിട്ടുള്ള ശബ്ദേന എന്ന് വെച്ചാൽ ശ്രവണം ശ്രവണവും മനനവും കൊണ്ട് എന്താണ് പ്രജ്ഞാം കുറവീത പ്രജ്ഞച്ചാൽ ഭാവനാം കുർവീത എന്ന് വെച്ചാൽ നീദ്യാസനം ചെയ്യുക എല്ലാവർക്കും വേണ്ടതാണ് രണ്ടു ശ്രവണം പിന്നെ മനനം അത് കഴിഞ്ഞ് അതണ്ട് കാലവ്യത്യാസം എന്താ പറയുന്നത് ശ്രവണ മനനത്തോട് കൂടിയ നീദ്യഹാസനമായിരിക്കും എപ്പോഴായാലും ശ്രവണം മനന സഹോർദ നീദ്യാസനം അതാണ് ശ്രുതിയുടെ അർത്ഥം പറഞ്ഞു വിജ്ഞായ തർക്ക ഉപകരണേന ശബ്ദേന ശ്രവണത്തിലൂടെ തർക്കം ഉപകരണമായി തർക്ക സഹായിയായിരിക്കുന്ന ശ്രവണത്തിലൂടെ വിജ്ഞായ അറിഞ്ഞിട്ട് പ്രജ്ഞാം ഭാവന കുർവിതീവിത അത്ര യജ്ഞാദീനം ശ്രേയപരിപന്ധി കൽമ നിർവഹണദ്വാരേണ് ഉപയോഗയിലേക്ക് ഈ യജ്ഞാദികൾ എങ്ങനെ ഉപകാര ഉപകാരപ്പെടും യജ്ഞാദികൾ എങ്ങനെയാണ് ഇവിടെ പറയുന്ന സാക്ഷാത്കാരത്തിന് ഉപയോഗപ്പെടുന്നത് അതിന് ചില ആൾക്കാരുടെ അഭിപ്രായം പറയുന്നു യജ്ഞാധീനം ശ്രേയപരിപ്പന്തി മോക്ഷത്തിന് തടസ്സമായിരിക്കുന്ന കൽമപാപം അന്ന നിർഭണം അതിനെ ഇല്ലാതാക്കുന്നതിലൂടെ നശിപ്പിക്കുന്നതിലൂടെ ശ്രേയസ്ന്ന് പറയുന്ന മോക്ഷം ശ്രേയസം എന്ന് പറഞ്ഞാൽ എന്താണ് മോക്ഷം പരിപന്തി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ വിരോധിയായ കൽമക്ഷെന്താണ് പാപം അതിൻ്റെ നിബർഹണം എന്നു വെച്ചാൽ അതിനെ ഇല്ലാതാക്കുക അതിനെ ഇല്ലാതാക്കുന്നതിലൂടെ നിബർഹണത്തിലൂടെ ഉപയോഗം എന്തുണ്ടാവുകയും യജ്ഞാദികളുടെ ഉപയോഗം അപ്പോൾ യജ്ഞാദികൾ പാപത്തെ നശിപ്പിക്കുന്നു എന്നർത്ഥം അപ്പോൾ യജ്ഞാദികൾ പാപത്തെ നശിപ്പിക്കുന്നു എന്നു പറയുന്നത് രണ്ട് കൂട്ടർക്ക് സമ്മതമാണ് അത് നീതിഹാസന് സമയത്ത് ആണോ അതെ അതിനു മുൻപാണ് ഇതിഹാസന് സമയത്ത് എന്ന് പറഞ്ഞാൽ പോർവക്ഷം അതിനു മുമ്പ് യജ്ഞാദികൾ പാവത്തെ നശിപ്പിക്കുന്ന പറഞ്ഞാൽ സിദ്ധാന്തം ഇത് കേച്ചിട്ടെന്നാണ് ചെല്ലുടെ അഭിപ്രായം എന്താണ് പുരുഷ സംസ്കാരദ്വാരേണ യജ്ഞാദികൾ പുരുഷന് സംസ്കാരം ഉണ്ടാക്കും എന്നുവെച്ചാൽ പുരുഷന്റെ അന്ധകരണത്തിൽ പുതിയൊരു സംസ്കാരത്തെ ആധാനം ചെയ്യുന്നു എന്തിന് മോക്ഷത്തിന് അവനെ യോഗ്യനാക്കി തീർക്കുന്ന ഒരു സംസ്കാരം ഒന്ന് പറയുന്നെന്താണ് അവന്റെ പാപത്തെ ഇല്ലാതാക്കുന്നു എന്ന് പറയും മറ്റു പറയുന്നെന്താണ് അവൻ്റെ ഉള്ളിലൊരു പുതിയ സംസ്കാരത്തെ ഉണ്ടാക്കുന്നു പാപത്തെ ഇല്ലാതാക്കുന്നതും ജ്ഞാനത്തിനും ജ്ഞാനത്തിലൂടെ മോക്ഷത്തിനുമാണ് അവന്റെ ഉള്ളിലൊരു പുതിയ സംസ്കാരത്തെ ഉണ്ടാക്കുന്നതും ജ്ഞാനത്തിനും ജ്ഞാനത്തിലൂടെ മോക്ഷത്തിനും വേണ്ടിയാണ് രണ്ട് രണ്ട് കാര്യമാണ് ഫലമൊന്നു തന്നെ ജ്ഞാനവും മോക്ഷം പക്ഷെ ഒരിടത്തെന്തെയ്യുന്നു അവൻ്റെ ഉള്ളിലൊരു പുതിയ സംസ്കാരത്തെ ഉണ്ടാക്കുന്നു ഒരിടത്തെന്തെയ്യുന്നു അവൻ്റെ ഉള്ളിലിരിക്കുന്ന പാവങ്ങളെ നശിപ്പിക്കും രണ്ടു വർഷമാണ് അപ്പോൾ എങ്ങനെ യജ്ഞാദികൾ അതാണ് ചെയ്യുന്നത് ഒന്നുകിൽ അവൻ്റെ ഉള്ളിലിരിക്കുന്ന പാവത്തെ നശിപ്പിക്കും അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലൊരു പുതിയ സംസ്കാരത്തെ ഉണ്ടാക്കും അപ്പൊ യജ്ഞാദികൾ എങ്ങനെ ഉപകരിക്കുന്നു ജ്ഞാനത്തിനും മോക്ഷത്തിനും എന്നുള്ളതിന് ഈ രണ്ടുപക്ഷം ഒന്നുകിൽ അവന് സംസ്കാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് പാപത്തെ ഇല്ലാത്ത ഇതൊക്കെ പല പക്ഷമാണ് അപ്പ ഇതൊക്കെ സിദ്ധാന്തിക്ക് സമ്മതമാണ് യജ്ഞാദികൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം അവന്റെ പാപത്തെ ഇല്ലാതാക്കാം അവൻ്റെ പുതിയ സംസ്കാരത്തെ ഉണ്ടാക്കാം അന്ധക്കരണ ഇതൊക്കെ സിദ്ധാന്തി സമ്മതിക്കുന്ന കാര്യമാണ് ശ്രേയപരിബന്തി ശ്രേയസിന് വിപരീതമായിട്ടുള്ള കൽമശം കൽമശത്തിന്റെ നിബർഹണദ്വാരാണ് ഇല്ലാതാക്കുന്നതിലൂടെ ഉപയോഗം യജ്ഞാദികൾക്ക് ഉപയോഗം ഉണ്ടെന്നാണ് ചിലര് പറയുന്നത് പുരുഷ സംസ്കാരദ്വാരാണ് ഇജ്ഞ പുരുഷന് സംസ്കാരം ഉണ്ടാക്കിയിട്ട് അതിലൂടെയെന്നാണ് മറ്റു ചിലർ പറയുന്നത്